യുപഞ്ഞ് പാഞ്ചജന്യവുഷാവഷ്ടമതൃലക്ഷിഷ്ട്രമാണം സോയാഗരബിന്ദുസുന്ദരതാ ചൂടാമണി ജീദക്ഷിണാമൂർത്തിവ്യങ്കരശ്ചിതം ജ്ഞാനോത്തമാഖ്യം തദ്വന്ദേനന്ദപോദിതം വിപ്രതിപത്തിൽവാചാ ദ്രൂപകർമ്മ സ്വയം ജ്യോതിരി ശ്രുതികൾ ക്ഷമ ചിത്രൂപത്വാഞ്ഞു അടുത്ത് അകർമ്മത്വം ആത്മാനം അഹം ജാനാമി എന്ന് പറയും അപ്പോ അവിടെ ആത്മാന എന്തായി കർമ്മമായി കർമ്മം എന്ന് വെച്ചാൽ കർമ്മകാരകമാണ് അപ്പോ ആത്മാവ് കർമ്മമാണെങ്കിൽ എന്തുവേണം അവേദ്യമാകണം അപ്പൊ അകർമ്മത്വം എന്ന് വെച്ചറിഞ്ഞാൽ അവേദ്യം തന്നെ വേദ്യമായാലേ കർമ്മമാകത്തുള്ളു എന്തുകൊണ്ടോ ആത്മാനം അഹം ജാനാമി എന്ന് പറയുന്നിടത്ത് ആത്മാ കർമ്മമാണ് കർമ്മകാരകം എന്തുകൊണ്ടവിടെ ആത്മാ വേദ്യമാണ് എന്നുവെച്ചാൽ ജ്ഞാനത്തിൻ്റെ വിഷയമാണ് ജ്ഞാന വിഷയം കർമ്മവും പക്ഷെ ആത്മാവ് കർമ്മം അല്ല അകർമ്മത്വം ആത്മാവ് ഒരിക്കലും വേദ്യമല്ല കർമ്മവുമല്ല അതുകൊണ്ടത് സുപ്രകാശമാണോ ആത്മാവപ്രകാശമാണ് വേദ്യത്തെ സ്വാശ്രയജ്ഞാന വിഷയതയാ കർമ്മകർതൃഭാവ വിരോധപ്രസംഗ ആത്മാനം അഹം ജാനാമി എന്നുള്ള ഈ വ്യവഹാരത്തിലൂടെ ആത്മാവിനെ വേദ്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ കർമ്മത്വം വരും അപ്പോൾ എന്ത് വരും കർമ്മകർത്തൃവിരോധം വരും അഹം ജാനാമി എന്ന് പറയുന്നു ജ്ഞാനത്തിന്റെ ആശ്രയം ഞാനായി അഹമായി ആത്മാനം അഹം ആത്മാന്ന് താൻ തന്നെ ജ്ഞാനത്തിന്റെ ആശ്രയവും താനായി ജ്ഞാനത്തിന്റെ കർമ്മവും താനായി അപ്പോൾ രണ്ടു പേരെടുത്ത് വരുന്നു കർത്തൃത്വവും കർമ്മത്വവും വന്നു കഴിഞ്ഞാൽ കർമ്മകർത്തർ ഭാവ വിരോധം വരുന്നു അവരടുത്ത് വരാൻ പാടില്ല എന്തുകൊണ്ട് വരാൻ പാടില്ല കർമ്മത്തിന്റെ ലക്ഷണം എന്താണോ പരസവേദക്രിയാജന്യ ഫലശാലിത്വം ഗ്രാമ രാമ ഗ്രാമം ഗച്ഛതി രാമസവേദക്രിയാ ഫലശാലിത്വം ഗ്രാമി അതെന്താണ് ചലനാശ്രയമായ ഗ്രാമം മേരെ പ്രാപ്തി ആശ്രയമായ ഗ്രാമം മേരെ അങ്ങനെ വരാൻ പാടില്ല രണ്ടൂരിടത്ത് കർമ്മവും കർത്താവും ഒരാളാവും ഒരിടത്ത് വരും വേദിത്തെ സ്വ ആശ്രയ ജ്ഞാനവിഷയതയ സ്വാശ്രയം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വശബ്ദം കൊണ്ട് എന്തെടുക്കും ആത്മാശ്രം യസ്യ ജ്ഞാനമായെന്ത് സ്വാശ്രയ ജ്ഞാനം തസ്യ എങ്ങനെയാ സമാസം വരുന്നത് എങ്ങനെയാ സമാസം വന്ന് എന്നാണോ പറഞ്ഞു ഏ പോയോ ഏ ഞാൻ പറഞ്ഞുകഴിഞ്ഞല്ലായിക്കോണ്ട് എന്നിട്ടല്ലേ ചോദിക്കുന്നു ഏ ഞാൻ വിഗ്രഹം പറഞ്ഞു കഴിഞ്ഞു എന്താണോ പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതാ പറയുണ്ട് നിങ്ങളുടെ മനസ്സിൽ പലതും തോന്നുന്നു ഞാൻ പറഞ്ഞതാ പറയണ്ട സ്വം ആശ്രയം യസ്യ സ്വം ആത്മാ ആശ്രയമായിരിക്കുന്നത് ഏതൊന്നിനാണോ ഏതിന് സ്വാശ്രയം എന്ന നടത്ത സമാസം വന്നോ അത് ബഹുബുരി സ്വാശ്രയം ജ്ഞാനോ ഒന്ന് നടത്തോ അങ്ങനെയാണ് സമാസം പഠിച്ചിരിക്കുന്നത് സ്വാശ്രയജ്ഞാന വിഷയം ഷഷ്ടി വിഷയത്വം എവിടെ വരും സ്വം ആത്മാവിനു വരും മനസിലായോ സ്വം ആത്മാവ് ആശ്രയമായിരിക്കുന്ന ഏതിനാണോ അത് സ്വാശ്രയം അപ്പൊ എന്തായി ജ്ഞാനം സ്വാശ്രയ വിജ്ഞാനവും തമ്മില് കർമ്മധാരനായി അതിന്റെ വിഷയം എന്തായി അതിന്റെ വിഷയം ഏതിന്റെ വിഷയം ജ്ഞാനത്തിന്റെ വിഷയം എന്തായി സ്വം എന്ന് പറഞ്ഞ എന്തായി ആത്മാ സ്വാശ്രയ ജ്ഞാന വിഷയത്വം എവിടെ വരും അതിലെയാണോ അതിലെയുള്ള സമാസങ്ങളിലെല്ലാം സ്വമില് വേണം തൊമ്മിനെ അന്വയിക്കാൻ പറഞ്ഞിട്ടുള്ളതാ അവസാനം സ്വമിന് തൊം വരണം സ്വമിന് തൊം വരുമ്പോഴേ അന്വയം വരത്തുള്ളു സ്വാശ്രയ ജ്ഞാന വിഷയത്വം എവിടെ വരും സ്വമിന് വരും സ്വമെന്താണ് ഇവിടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവിൽ വന്നു എങ്ങനെയാ സ്വാശ്രയ ജ്ഞാനം എന്ന് പറഞ്ഞപ്പോൾ അതേ ആത്മാവിൽ ജ്ഞാന വിഷയത്വം വന്നു എങ്ങനെയാണ് സ്വാശ്രയ ജ്ഞാന വിഷയത്വം എന്ന് പറഞ്ഞു വിഷയത്വവും വിഷയതയും ഒന്ന് അതാണ് ഇവിടെ പറയുന്നത് വേദ്യമായി കഴിഞ്ഞാൽ ആത്മാവിൽ ജ്ഞാനാശ്രയത്വം വരും കാരണം ആത്മാവ് എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ അറിയാം എന്താണോ ജ്ഞാനത്തിന്റെ ആശ്രയം താനാണ് അഹം ജാനാമി എന്നാണ് മാമഹം ജാനാമി എന്ന് പറയാ എന്നെ ഞാൻ അറിയുന്നു എന്നാണ് അപ്പൊ ജ്ഞാനത്തിന്റെ കർമ്മമാരായി ഞാൻ തന്നെ ഇപ്പൊ ജ്ഞാനത്തിന്റെ ആശ്രയവും ജ്ഞാനത്തിന്റെ കർമ്മവും ഒന്നായി ആരെ അപ്പോ എന്ത് ഞാനത്തെ ക്രിയായിട്ടു ഞാന ക്രിയ ഞാനും ക്രിയയാണല്ലോ എന്തുകൊണ്ട് ഞാനും ക്രിയായി എന്തുകൊണ്ട് ഞാനും വ്യാകരണം പഠിച്ചവരം എന്തുകൊണ്ട് ക്രിയായിട്ട് ജാനാമി എന്ന് പറയുന്നൊട്ടുണ്ടോ ആ ധാത്തർത്ഥം ക്രിയ ആയതുകൊണ്ട് ധാത്തുവർത്ഥം ക്രിയ ആയതുകൊണ്ട് ജാനാമി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അക്രിയാണ് സത്വപ്രധാനം ഭാവപ്രധാനം ഭാവപ്രധാനം ആഖ്യാതം ആഖ്യാതം എന്ന് പറഞ്ഞാൽ എന്താ ദശലകാര സാധാരണം ആഖ്യാ ദശലകാര സാധാരണമായിരിക്കുന്നത് എന്താണ് തിങ് സാധാരണമായിരിക്കുന്നത് തിങ് തിങ്ങനെയാണ് എന്താ പറയുന്നത് ആഖ്യാതം തിങ്ങാണ് ദശലകാര സാധാരണമാണ് ആഖ്യാതം ആഖ്യാതം തിങ്ങാണ് ആഖ്യാതം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും ക്രിയാപ്രധാനമായിരിക്കും ഭാവം എന്ന് പറഞ്ഞാൽ ക്രിയാ ഭാവപ്രധാനം ആഖ്യാതം എന്ന് പറയുന്നതാണ് അപ്പം ജാനാമി എന്ന് പറയുന്നത് ക്രിയയാണ് ധാത്വർത്ഥമായതാണുള്ളത് വർത്തമാനല്ല അപ്പം ആ ക്രിയയുടെ ആശ്രയം എന്തായി അഹം ആ ക്രിയയുടെ കർമ്മം എന്തായി അഹം മാം അഹം ജാനാമി എന്ന് പറയുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്ത് സ്വ ആശ്രയ ജ്ഞാന വിഷയത്വം തന്നിൽ തന്നെ വന്നു ആശ്രയത്വം വിഷയത്വം വന്നു കഴിഞ്ഞാൽ ക്രീഡാശ്രയത്വം വന്നപ്പോ കർത്താവായി ക്രീഡ വിഷയത്വം വന്നപ്പോ വ്യക്തമായി ധരിക്കുന്ന എങ്ങനെ വരുന്നുണ്ടാവും സമയം ആഖ്യാ ആഖ്യാതം മലയാള വ്യാകത്തിൽ ആഖ്യയും സംസ്കൃതത്തിലുണ്ടോ ആഖ്യാന്നും ആഖ്യാതമെന്നും പാണിനി കേരള പാണിന്യത്തിലുള്ള ആഖ്യ അത് സംസ്കൃതത്തിലുണ്ടോ ആഖ്യ എന്ന് പറയുന്നത് സ്വപ്ന അത് സംസ്കൃതത്തില് അങ്ങനെ സ്യം വ്യാകരണത്തിന് പഠിച്ചിട്ടല്ലേ അഖ്യായന്തേ എന്ന് പറയുന്നു ചക്ഷിങ്ങാഖ്യാൻ പഠിച്ചിട്ടുണ്ടോ ഖ്യാപ്രകഥനെ ചക്ഷിങ്ങനും ഖ്യാവരും പറയുന്നു സ്വാശ്രയജ്ഞാന വിഷയത്വം വന്നു കഴിഞ്ഞാൽ ആത്മാവിൽ തന്നെ ഞാൻ ആശ്രയത്വം വരുന്നുണ്ട് കർത്തൃത്വം വരുന്നുണ്ട് ദോഷമാണ് കർമ്മകർത്തൃഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് സമാനധികൃഭാവം എന്ന് പറഞ്ഞാരിയ എന്താണ് കർമ്മകർത്തൃഭാവം എന്ന് പറഞ്ഞ എന്താണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കർമ്മവും കർത്താവും വ്യാഖ്യാനം വേണ്ട അതെന്താണെന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞാൽ കർമ്മകർതൃത്വം ഭാവം എന്ന് പറയുന്നത് ഭാവാർത്ഥത്തിൽ ത്വപ്രത്യം ചേർത്തും ഭാവശബ്ദം ഉപയോഗിച്ചും പറയും അത് കർമ്മകർത്തർ ഭാവം പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ പഠിക്കുമ്പോൾ അത് വ്യക്തമായി അറിഞ്ഞിരിക്കണം ഇപ്പൊ കർമ്മകർത്തൃത്വവിരോധം കർമ്മകർത്തൃത്വ വിരോധം എന്ന് പറയുന്ന ഇതാണ് കർമ്മവും കർത്തൃത്വവും കർമ്മത്വവും കർത്തൃത്വവും ഒരിടത്ത് വന്നാൽ കർമ്മകർത്തർ വിരോധം വരും ഒന്നിന് വന്നാൽ ഒരാശ്രയത്വം വരുന്നുണ്ട് ആത്മാവിൽ കർത്തൃത്വം വിഷയത്വം വരുന്നുണ്ട് കർമ്മത്വം വരണ്ടും വന്നതുകൊണ്ട് വിരോധം വരുന്നു എന്നാണ് ഇത് പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന ഒരു നിയമമാണ് ഇങ്ങനെ ഒരു നിയമം വരുന്നതിന് തന്നെ എന്താ കാരണം ലക്ഷണം പരസ്യ ജന്യ ഫലശാലിത്വ എന്നൊരു ലക്ഷണത്തെ താർക്കികന്മാരെ അംഗീകരിച്ചിരിക്കുന്നുകൊണ്ടാണ് വരുന്നത് ഈ ദോഷം വരുന്നത് രണ്ട് രണ്ടായി അങ്ങനെ ഒരു ലക്ഷണത്തെ സ്വീകരിക്കുകയും രണ്ടു ഒന്നാണെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ വിരോധിത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് താർക്കീയന്റെ എന്നും പരിഹരിക്കാനുള്ള വിദ്യ ഉണ്ടെന്ന് എന്ത് ദോഷമോ പറഞ്ഞോളുക അവർ പരിഹരിച്ചിട്ട് പുതിയ ദോഷം പറയും എന്താണ് താർക്കീയന്റെ വിധി എന്താണ് പറയുന്നത് എന്നുവെച്ചാൽ സുഖാദിവിശിഷ്ട അസം അഹംസുഖി ഇത്യാദി ജ്ഞാനകർമ്മത്വം കേവല കർത്തൃത്വമിത്തി ആകാരഭേദ അവരോധോ ഇതിന്റെ ഇടയ്ക്ക് ഓരോ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ് എന്നു വെച്ചാൽ എഡിറ്റർമാര് പണ്ടതൊന്നുമില്ലായിരുന്നു ഫുൾ സ്റ്റോപ്പ് കോമ പോസ്റ്റഫി ഇങ്ങനെയുള്ള ആധുനിക സമ്പ്രദായങ്ങളുടെ സംസ്കൃതത്തിന്റെ ഇടക്ക് അതുകൊണ്ട് ഇതിന്റെ പ്രയോജനം ആർക്കൊന്നും ആണ് കാരണം സംസ്കൃതം അറിയാമെന്നുള്ളവർക്ക് അതിന്റെ ആവശ്യമില്ല സംസ്കൃതം അറിയാത്തവർക്ക് ഒരു പ്രയോജനവും കാണുന്നില്ല പിന്നെ ഒരു സംശയമാ അതിന്റെ ഇടയ്ക്ക് എന്താ കിടക്കുന്ന അതുകൂടെ വായിക്കാൻ തോന്നും വായിക്കാനുള്ള പറ്റത്തും ഇല്ല അവിടെ അത് കാണുമ്പോഴേ നമ്മള് വായിക്കും കേവല ശിജ കടത്തും വിരോധോഹോ അങ്ങനെയൊക്കെ വായിക്കാൻ തോന്നി വായിക്കാനോട്ട് പറ്റത്തില്ല ഇനി വേണ്ടി വന്നവര് കോമ കൊടുത്താലും മതിയായിരുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിന് കോമയാണ് ഏഹ് ഇതിൽ കോമ കോതാണ് പുതിയ ദിവസത്തില് അല്ല ഇത് കോമയല്ല ോമയുടെ ചേട്ടനാണ് മറക്കളെ എന്റെ മേളിലൊരു കുത്തോടിയുണ്ട് നിങ്ങളെ ഫോട്ടോ സ്റ്റാർട്ടായത് ഒരു ഭാഗ്യ അങ്ങനെയുള്ള എല്ലാ സാധനവും ഇനി ആവശ്യം പോലെ ഉപയോഗിച്ചിട്ടുണ്ട് അവർ കുഴപ്പമാണ് ഇംഗ്ലീഷ് നിയമം അനുസരിച്ച് ശരിയായി പക്ഷെ ഇതിലെങ്ങനെയാ നിയമം വന്നുള്ളതാണ് സംസ്കൃതം പഠിച്ചവർക്ക് അങ്ങനെ സംസുഖം പഠിക്കുന്നവർക്കുള്ള അല്ലല്ലത് സംസ്ഥാനം പഠിക്കുന്നവർക്ക് എന്തെല്ലാം ബുക്കുണ്ട് ചുസ്സുക സംസുഖം പഠിക്കാറെങ്കിലും പഠിക്കും നല്ല കാര്യമായി കേവല സി ോധസ് സർവത്ര ഉച്ഛേദപ്രസംഗർജീയം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമമാണ് പരസ്യവേദക്രിയാജല്യ ഫലശാലിത്വം ഈ നിയമത്തിന് അർത്ഥമില്ലാതായിപ്പോകും ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ് പറയുന്നത് വിശിഷ്ടം കർമ്മത്വവും കേവലത്തിന് കർത്താവായും എടുക്കുക അങ്ങനെ എടുക്കുക ഉദാഹരണം പറയുന്നു അഹം സുഖി എന്ന് പറയുന്നു ഇവിടെ സുഖ വിശിഷ്ടമായ അഹം അപ്പം സുഖീന്ന് പറയുന്ന ഒരു ജ്ഞാനമാണല്ലോ സുഖജ്ഞാനം ഞാൻ ഞാൻ സുഖിമാനാണെന്നുള്ള ജ്ഞാനം അപ്പൊ അവിടെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടല്ലോ ഈ അനുഭവം ഉണ്ടാകുമ്പോ സുഖവിശിഷ്ടമായ എന്നെ ജ്ഞാനത്തിന്റെ കർമ്മമായെടുക്കുക പക്ഷെ ഞാനെവിടെ ഇരിക്കുന്നു കേവലമായ ആത്മാവില്ലല്ലേ സ്വായ സംബന്ധത്തിൽ ഞാനും ഇരിക്കുന്നു അതിന് കർത്താവായി കൊടുക്കുന്നു മനസിലായോ സുഖം ഇരിക്കുന്നതും ആത്മാവില് ജ്ഞാനം ഇരിക്കുന്നതും ആത്മാവിന് അഹ് സുഖി എന്ന് പറയുന്നത് കേവലമായ ആത്മാവിന്റെ ജ്ഞാനമല്ല പിന്നെയോ സുഖവിശിഷ്ടമായ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് അപ്പൊ ജ്ഞാനത്തിന്റെ കർമ്മം എന്തായി സുഖവിശിഷ്ടമായ ആത്മാവായി ഇനി ജ്ഞാനം എവിടെയിരിക്കുന്നു ആത്മാവില് കേവലമായ ആത്മാവിലിരിക്കുന്നു അപ്പൊ ജ്ഞാനത്തിന്റെ കലാകാരായി കേവലമായ ആത്മാവായി അപ്പോ ഭേദം വന്നു വിശേഷണം കൊണ്ടുള്ള ഭേദം വന്നു ഒന്ന് ശുദ്ധാത്മാവ് മറ്റൊന്ന് വിശിഷ്ടാത്മാവ് വിശിഷ്ടാത്മാവ് കർമ്മവും നിശുദ്ധാത്മാവ് കർത്താവുമായി അങ്ങനെ വിശേഷണം കൊണ്ട് ഭേദം വരുമല്ലോ എങ്ങനെയാണോ വിശിഷ്ട പുരുഷനിൽ നിന്നും ഭിന്നനാണ് കേവല പുരുഷൻ അപ്പോ കർമ്മത്വം ഒരിടത്ത് വന്നു കർത്തൃത്വം ഒരിടത്ത് വന്നു വിശിഷ്ടനിൽ കർമ്മത്വം വന്നു കേവലനിൽ കർത്തൃത്വം അപ്പൊ വന്നില്ല അപ്പോ എന്ന് വരും പരസമവേദ ശുദ്ധൻ ക്രിയാജന്യ അവിടെ എന്തായി ജ്ഞാനം ഫലശാലത്വം വിശിഷ്ടന്റെ വന്ന് രണ്ടും രണ്ടായി അങ്ങനെ എടുക്കണം നിബന്ധദോഷം എന്ന് പറയാ അപ്പോ അവിടെ ഒന്നിനെ തന്നെ രണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നില് കർത്തൃത്വവും കർമ്മത്വവും വരുന്ന ദോഷം ഒന്നിനെ എങ്ങനെ രണ്ടാക്കാം വിശിഷ്ടരൂപേണ അന്യൻ ശുദ്ധരൂപേണ അന്യൻ അങ്ങനെ രണ്ടുപേര് കൂടെ പറയുന്നത് എന്താണ് എന്നിട്ട് സുഖാദിവിശിഷ്ട ശാസം സുഖിത്യാദി ജ്ഞാനകർമ്മത്വം ഒരു ഉദാഹരണം പറയണം അഹം സുഖി അഹം ദുഃഖി എന്നൊക്കെയാണ് സുഖാദി സുഖാദിവിശിഷ്ടനായ വിശിഷ്ടന് ഹംസുഖി എന്നിങ്ങനെ ജ്ഞാനകർമ്മത്വം വരുന്നു കേസത്വം കേവലനായ ആത്മാവിന് എന്തിൻ്റെ കർത്തൃത്വം ജ്ഞാനക്രിയയുടെ കർത്തൃത്വം ഇതി ആകാരേദ വിശിഷ്ടം ശുദ്ധമെന്നുള്ള ആകാരഭേദം കൊണ്ട് വിരോധം രണ്ടും ഒരിടത്ത് വരുന്നില്ല രണ്ടും രണ്ട് സ്ഥലത്താണ് എന്ന് പറഞ്ഞാലോ അത് ശരിയല്ല എന്തുകൊണ്ട് ഗമനാതിക്രിയാസ്വതി ഗമനാതിക്രിയകളിലും ഇതേ യുക്തി തന്നെ പ്രയോഗിക്കാം എന്താണ് കേവലസ്യ കർത്തൃത്വം ാണ് രാമ രാമം ഗതി എന്ന് പറയും കേവലക്രിയ ഉള്ളത്വരിൽ ആരില് രാമനെ അപ്പൊ അത് കർത്താവായി കേവല സി കർത്തിഗമനവിശിഷ്ടമായെന്ത് രാമൻ തന്നെ അത് കർമ്മമായി കേവലക്രിയാശ്രയം കർത്താവായി ആ ക്രിയാ വിശിഷ്ടമായി രാമൻ കർമ്മമായി അപ്പൊ രാമ രാമം കച്ചതി എന്നും പറയാം അതാണ് ഗമനാദിക്രിയാസ്വീ കേവലസ്യ കർത്തൃത്വം ഗമനാധിവിശിഷ്ടാകാരേണ കർമ്മത്വമിത്തി ആകാര ഭേദേന അവിടെ വ്യത്യാസം രാമനിൽ തന്നെ ക്രിയ ആശ്രയമായി കർത്താവ് ക്രിയാവിശിഷ്ടമായി കർമ്മം രാമം ഗ്രാമം രാമ രാമം ഗച്ചതി എന്ന് പറഞ്ഞാലും ദോഷമില്ല ഗ്രാമം ഗച്ചതി എന്നല്ല രാമ കർമ്മവും രണ്ടു തന്നെയാണ് അവിടെ ഭേദന അവരോധ ആകാരഭേദം കൊണ്ട് ശുദ്ധം വിശിഷ്ടം എന്നുള്ള ആകാരഭേദം കൊണ്ട് വിരോധമുണ്ടാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കർമ്മകർത്തൃഭാവ വിരോധ സർവത്വ ഉച്ഛേദ പ്രസംഗം അപ്പം നിങ്ങൾ ഈ കർമ്മകർത്തൃഭാവ വിരോധം എന്ന് പറയുന്നത് എവിടെ പറയും ഏതിൽ പറഞ്ഞാലും അവിടെയൊക്കെ പറയും എന്താണ് ശുദ്ധം വിശിഷ്ടം എന്നുള്ള രീതിയിൽ ഭേദത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും കർമ്മകർത്തൃഭാവ വിരോധം വരത്തില്ല സർവത്ര ഉച്ച പ്രസംഗം അതുകൊണ്ട് എന്താ പറയുന്നത് ആത്മാവ് ജ്ഞാനത്തിന്റെ ആശ്രയവും ആത്മാവ് ജ്ഞാനത്തിന്റെ വിഷയവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ തന്നെ കർത്തൃത്വവും കർമ്മത്വവും വരും ദോഷമാണ് അതുകൊണ്ട് ആത്മാവിനെ ജ്ഞാനവിഷയമായി സ്വീകരിക്കാൻ പാടില്ല സ്വീകരിക്കാൻ പാടില്ല മറിച്ച് എന്താണ് ആത്മാവ് സ്വയം ചിദ്രൂപമാണ് ആത്മാവ് സ്വയം ശത്രുപതാണ് ശത്രുപത്വ അകർമ്മത്വാ ജ്ഞാനകർമ്മമല്ല അത് ജ്ഞാനം തന്നെ ആത്മാവ് ഇതാണ് പറയുന്നതിന്റെ ചുരുക്കം ആത്മാവ് ജ്ഞാനത്തിന്റെ കർമ്മമല്ല ആത്മാവ് സ്വയം ജ്ഞാനം തന്നെയാണ് അങ്ങനെ താർക്കികനോട് മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോ അടുത്താരും പ്രാഭാകരന്മാരും തഥാപി നാത്മന സുപ്രകാശത്വം അരട്ടെ നിങ്ങൾക്കങ്ങനെ ആത്മാവ് സ്വപ്രകാശത്വം സിദ്ധിക്കാൻ സാധിക്കത്തില്ല എന്തുകൊണ്ട് തത്വദർത്ഥ സംവേദനാശ്രയ അഭിസ്ഫുരണത്തേഹേ പറയുന്നു ആത്മാവിന്റെ ജ്ഞാനം ഉണ്ടാകുന്നു ആത്മാവിന്റെ സ്ഫുരണം ഉണ്ടാകുന്നു അത് ഞങ്ങൾ സമ്മതിക്കാം അതുകൊണ്ട് ആത്മാവ് സ്വപ്രകാശം അപ്പോ ആത്മാവിന്റെ സ്ഫുരണം ഉണ്ടാകുന്നുണ്ട് അത് കർമ്മവും ആകുന്നുണ്ട് അങ്ങനെ ദോഷവും പറയുന്നതനുസരിച്ചാണെങ്കി എന്തുവരും കർമ്മത്വം വിഷയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആത്മാവ് ഒരിക്കലും ജ്ഞാനത്തിന്റെ വിഷയമല്ല അതാ വെള്ളി കർമ്മകർത്തർ ദോഷം വരും അത് ഒഴിവാക്കാൻ വേണ്ടി പ്രഭാകരന്മാരെന്താ പറയുന്നത് ആത്മാവ് ജ്ഞാനത്തിന്റെ ആശ്രയം മാത്രമാണ് ആശ്രയത്വേനസ്ഫുരണം ഉണ്ടാവും വിഷയത്വേന അല്ല ആശ്രയത്വേന എന്ന് പറഞ്ഞാൽ അവരെന്താ പറയുന്നത് ഏത് ജ്ഞാനം ഉണ്ടാകുമ്പോഴും അവിടെ മാതാവ് മിതി മേ മൂന്നെണ്ണം ഉണ്ട് അറിയുന്നവൻ അറിവ് വിഷയം അതിൽ വിഷയത്തിൻ്റെ കാര്യത്തിൽ തിരക്കൊന്നുമില്ല കടപെടുക അധികം വിഷയം പിന്നെ മിതി അറിവാണ് മാതാവെന്ന് പറയുന്നത് എന്താണ് ഞാൻ ആശ്രയമാണ് അപ്പോൾ അവിടെ ഞാൻ ആശ്രയത്വത്തിന് മാതാവിന്റെ ജ്ഞാനം ഉണ്ടാകുന്നുണ്ട് അതാണ് ആത്മാവ് അപ്പൊ കർമ്മകർത്തർ ദോഷമില്ല ആശ്രയത്വേനാണ് ജ്ഞാനം ഉണ്ടാകുന്നത് വിഷയത്വേനല്ല എന്നാണ് അതുകൊണ്ട് തന്നെ എന്താണ് ആത്മാവിന്റെ സ്ഫിരണം ഉണ്ടാകുന്നു ആത്മാവ് സ്ഫിരണമല്ല അത് ജഡമാണ് ആത്മാവ് ജഡമാണ് പക്ഷേ അതിന്റെ ജ്ഞാനം അതിവിടെ സർവ്വ ജ്ഞാനത്തിനും ആത്മാവിന്റെ അറിവുണ്ടാകുന്നു ഞാൻ ആശ്രയത്തിയന് ബോധം ഉണ്ടാകുന്നു എന്നു വെച്ചാൽ ഇതാണ് അഹം ജാനാമി എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിന്റെ ആശ്രയം എന്താണ് ഞാൻ അപ്പൊ തന്നെ അറിയുന്നുണ്ട് ഞാനാശ്രയമായിട്ട് അതാണ് ിച്ച ഞാൻ അഥാപി നാത്മന സുപ്രകാശിത്വം അങ്ങനെ വന്നാലും ആത്മാവിന് സുപ്രകാശിത്വം തത്തദർത്ഥ സംവേദനാശ്രയതയാ തത്തതർത്ഥം എന്ന് പറഞ്ഞാൽ ഘടപടാതി വിഷയമാണ് തത്തതർത്ഥം വിഷയ സംവേദനം വിഷയജ്ഞാണ് എവിടെ വന്നു ആത്മാവൻ കസ്യ അതൊക്കെ അന്വയിച്ചോണ് കാരണം നേരത്തെ ഉണ്ട് തഥാപിന്ന ആത്മന സുപ്രവാശ അവിടെ സ്വപ്രകാശത്വം നിഷേധിക്കുന്നു ആത്മനല്ല സ്വപ്രകാശത്വം ഞാനോട് കൂട്ടിച്ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് ആ ആത്മനഹെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്താണ് അവിടെ നാ അനിക്കുന്ന ആത്മനോ ഇവിടെ അല്ല വിനയോ ആത്മനെ ഇവിടെ കൊണ്ടുവന്നിട്ട് തത്വദർത്ഥ സംവേദന ആശ്രയതയാവി ആത്മനഹ സ്ഫുരണ നച്ചാസിക്രിയാഫലഭാജോവി കർമ്മത്വം താർക്കേന്ദ പക്ഷത്തെ കണ്ടിക്കാൻ വേണ്ടി പറയുകയാണ് ക്രിയാബലഭക്രിയാബലം ഭജതീതിക്രിയാഫലഭക് പഠിച്ചിട്ടുണ്ട് ക്രിയാഫലം ഭജതീതി ക്രിയാഫല ഭജോണ്ണി എന്നൊരു സൂത്രമുണ്ട് പഠിച്ചിട്ടുണ്ട് ഭജോണ്ണിവിസ്താന്നി വരുന്ന പ്രത്യം വരും ഭജന്ന് എണ്ണീവ് വന്നു കഴിഞ്ഞാൽ സർവാപകഹാരം കിപ്പ് പോലെയാണ് വേരവൃത്തലോപിക്കുന്നകാരം ചുടു പോയി വികാര ഉച്ചാരണാർത്ഥം ഒന്നുമില്ല ക്രിയാഫലം ഭജ് നിത് ആയതുകൊണ്ട് ഉപദാവൃത്തി ഭാജ് പദാന്തമായുണ്ട് ചോക്കു കുത്തു ജസ്ത്വം ഭാഗ് ഭാഗ് ക്രിയാഫലം ഭജതീതി കർമ്മം ഉപയോഗ ഉപവോധ സമാസം സൂത്രം ഏതാണ് ഉപപഥം അതിയൻ സമാസഹ കുംഭം കരോ അതുപോലെ ഉടൻ പ്രത്യം വരുന്ന വേറൊരു സംശയം ഇതേപോലെ ഇതേപോലെ തന്നെ അത് ഇതേ അവിടെ എന്ത് വരുന്നു തെജ് കിപ്പ് വരുന്നു സർവാപകർ ലോകം പദാന്തത്തിൽ എന്തുവന്നു കുത്തും അത് എന്താണ് തനും തെജതി ഇത് തനും തെക്ക് കിപ്പ് വരുന്നു കിപ്പ് അത് ധാരാളം ഉപയോഗിക്കുന്ന കിപ്പിച്ചു കിപ്പിച്ച സൂത്രം പഠിച്ചിട്ടില്ലേ സിദ്ധാന്തം ഒന്നില്ലേ കിപ്പിച്ച കർത്തരി കിപ്പ് വരുന്നു ബോധമാസം വരുന്നു കിപ്പിന് സർവാകാര ലോകം ചോക്ക് കുത്തും അതിലുണ്ണീ വരുന്നതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവിടെ ഉപതാവൃത്തി വരുന്നു ബാ കിപ്പ് വന്നാൽ അത് വരുന്നില്ല പക്ഷെ പദാന്തത്തിൽ ജകാരം വന്നു കഴിഞ്ഞാൽ എന്തവരും കൊത്തും ജസ്തും ചർത്തും വരുന്നു അത് സർവ്വസാധാരണയി വരുന്ന ശബ്ദങ്ങളാണിത് അതുകൊണ്ട് അത് പ്രയോഗത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കും അത് ഭജ് താങ്ങുന്നതിനും പ്രത്യേകതയാണ് ഒരു സൂത്രം അതിനുവേണ്ടി തന്നെയുണ്ട് ഭജണ്ണി അതുകൊണ്ടാണ് അത് ഓർത്തിരിക്കുന്നത് മറ്റൊരു ക്യുപ്പ് സർവ്വസാധാരണ ഇങ്ങനെ വരുന്നത് എവിടെയും വരാം ഇവിടെയൊക്കെ എന്തുവരും ഉപപദം ഇരിക്കുന്നുണ്ട് ഉപകൃതമാസം വരും അപ്പോൾ ഒറ്റ പദമാവും ക്രിയാഫലഭക്കാണ് ക്രിയാഫലത്തെ ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ക്രിയാഫലമുള്ളത് അപ്പൊ ഇവിടെ ക്രിയാഫലം എന്ന് പറയുന്നത് എന്താണ് ക്രിയ എന്ന് പറയുന്നത് ജ്ഞാനക്രിയ ക്രിയാഫലം എന്ന് പറയുന്നത് എന്താണ് ജ്ഞാനക്രിയയുടെ വിഷയത്വം ക്രിയാഫലം ക്രിയാഫലം ക്രിയ എന്ത് ജ്ഞാനക്രിയ അഹം ജാനാമി എന്ന് പറയുന്നിടത്ത് ക്രിയയായി ജ്ഞാനക്രിയ അതിന്റെ ഫലമായി വിഷയത്വം എവിടെ വരുന്നു പത്മാവിനും അപ്പോ താർക്കം പറയുന്ന എന്താണ് അഹം ജാനാമി എന്ന് അറിയുന്നു നമ്മള് ജ്ഞാനക്രിയയുടെ വിഷയമാണ് വിഷയമായി കഴിഞ്ഞാൽ അതിൽ വരും അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നു അത് ക്രിയാഫലത്തെ ഭജിക്കുന്നുണ്ടെങ്കിലും കർമ്മത്വം വരുന്നില്ല ഇവിടെ പ്രഭാകരന്റെ ഭക്ഷണമനുസരിച്ച് ക്രിയാഫലഭാക്കുന്നങ്ങനെ ക്രിയയായി ജ്ഞാനക്രിയ അതിന്റെ ഫലമാകുന്ന ആശ്രയത്വേന താർഹ്യം പറയുന്ന രീതിയിലല്ല ക്രിയാഫലത്തെ ഭജിക്കുന്നെങ്ങനെ ക്രിയയുടെ ആശ്രയത്വനെയാണ് അപ്പോ അത് ആത്മാവ് വിഷയമാകുന്നു എന്നുള്ള സ്വീകരിക്കുന്നുണ്ട് പ്രഭാകർ അന്ന് പറയുന്നത് സ്ഫുരണം ഉണ്ടാകുന്നു ആത്മാവയമാകുന്നു പക്ഷെ അതെങ്ങനെ ക്രിയാഫല ആശ്രയത്വന ക്രിയയായി ജ്ഞാനക്രിയ അതിന്റെ ഫലമായി സ്ഫുരണം ആത്മാവിന്റെ സ്ഫുരണം അത് വിഷയം തന്നെയാണ് അപ്പൊ ക്രിയാഫല ആശ്രയമായി എന്താണ് വിഷയത്വം ഇവിടെ വന്നു ആത്മാവ് ക്രിയാഫലം എന്ന് പറയുന്നത് അതിന് വിഷയത്വമായിട്ടെടുക്കണം വിഷയത്വത്തിന്റെ ആശ്രയം ഇവിടെ വന്നു ആത്മാവിന് വന്നു അങ്ങനെ വന്നുകഴിഞ്ഞാലും അത് കർമ്മമല്ല കർമ്മമല്ല പ്രകാരം പറയും കർമ്മമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത് ആശ്രയത്വേന വിഷയമാകുന്നു കർമ്മത്വേന വിഷയമാകുകയല്ല ആശ്രയത്വ ആശ്രയത്വേന വിഷയമാകുന്നുണ്ട് അത് ക്രിയാഫലത്തിന് വിഷയമാകുന്നുണ്ടെങ്കിലും കർമ്മം ഇതാണ് പ്രഭാകരൻ പറയുന്നത് ചെറിയ സൂക്ഷ്മമായ വ്യത്യാസങ്ങളാണ് അവർ കുത്തിയിരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ജോലി മനസ്സിലായോ ക്രിയാ എന്ന് പറയുന്നത് ഏ ജ്ഞാനം ക്രിയാഫലഭാ എന്ന് വെച്ചാൽ പറഞ്ഞു ജ്ഞാനക്രിയ ആശ്രയത്വം വരുന്നു ആത്മാവിന് അതാണ് ക്രിയാഫലം ആശ്രയത്വം വരുന്നുകൊണ്ട് ആത്മാവ് വിഷയമാകും ആത്മാവിന്റെ സ്ഫുർണുണ്ടാവും ഇത്രയും സംഭവിച്ചാലും കർമ്മത്തോടെ വരുന്നില്ല എന്നാരും പറയുന്നു എന്തുകൊണ്ട് നിങ്ങളുടെ ലക്ഷണം അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് അതാണ് അടുത്ത് പറയുന്നത് പരസമേത ക്രിയാബലശാലിത്വ ഭാവ നിങ്ങൾ പറയുന്ന അനുസരിച്ച് എന്താണ് കർമ്മത്വം വരണമെങ്കിൽ പരസമേത ക്രിയാഫലശാലിത്വം വരണ്ടേ ചൈത്രൻ ചൈത്ര സ്വവേദ ക്രിയാഫലശാലിത്വം ഗ്രാമത്തിൽ വന്നാലേ കർമ്മത്വം വരത്തുള്ളൂ ഇവിടെ രണ്ടില്ലല്ലോ ആത്മാവ് ഒന്നല്ലേ ഉള്ളൂ അപ്പൊ ക്രിയയായി ഞാനും അതിന്റെ ആശ്രയത്വേന വിഷയമായി ആത്മാകും അപ്പൊ ഞാൻ ആശ്രയത്വേന വിഷയത്തോടെ ഒന്നു ആത്മാവ് ഇവിടെ രണ്ടില്ല അപ്പോൾ ആത്മാവ് ഇങ്ങനെ കർമ്മമാകും നിങ്ങൾ പറയുന്ന കർമ്മത്വ ലക്ഷണമിവിടെ യോജിക്കത്തില്ല കർമ്മത്വത്തിന്റെ ലക്ഷണം ഗുരുവല്ല ഉണ്ടാക്കിയത് പിന്നെയോ താർക്കികനാണ് അപ്പോ അപ്പൊ ഇത് വേദി പ്രാഭാകരനോട് പറയുന്നതല്ലേ അല്ല ഇവിടെ ഇപ്പൊ സംഭാഷണം നടക്കുന്നത് പ്രാഭാകരന്മാരും താർക്കികന്മാരും അവരുടെ തീരിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് തീരിട്ട് പിന്നെ അദ്വൈതി വരും അദ്വൈതി അങ്ങോട്ട് വരുന്നില്ല അദ്വൈതി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സഭാകരനോട് ഈ വാദം ഇല്ല അദ്വൈതിയുടെ കാര്യം ഇനി വരണം ഇപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു ഒത്തുതീർപ്പിലെത്തിയതിനു ശേഷം അദ്വൈതി വന്നിട്ട് പറയുക എന്താണ് ഞങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മൾ ക്രിയാ ആശ്രയത്വേന വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കർത്തർക്കും എല്ലാ കർത്താവർക്കും പറയുന്നത് ഏത് കർത്താവിന് ഇത് അപ്രീകബിൾ ആകുന്നുണ്ട് എവിടെയൊക്കെ ജ്ഞാനം ഉണ്ടാവുന്നു അവിടെയെല്ലാം ക്രിയാശ്രയത്വന അത് വിഷയമാവുന്നു അപ്പൊ അവിടെ കർമ്മത്വം വരുന്നില്ല കർമ്മകർത്തൃവിരോധം ഒഴിവാക്കണം എവിടെയും വരരുത് വരവരെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം പ്രാഭാകരന്മാരുടെ ജ്ഞാനം എന്നുള്ളത് ക്രിയാകുമ്പോൾ മാത്രമല്ല ഇത് ഈ വാദം വരുള്ളൂ എല്ലാ ക്രിയയിലും വ്യത്യാസം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ താർക്കിയും പറയുന്ന ക്രിയാഫലഭ് എന്ന് പറഞ്ഞാൽ ജ്ഞാനക്രിയയുടെ ഫലം എന്ന് പറയുന്ന വിഷയത്വം അവിഷയത്വം വരുമ്പോ അത് കർമ്മമാവും കർമ്മത്വം അപ്പോ പ്രഭാരം പറയുന്ന അങ്ങനെയല്ല ജ്ഞാനക്രിയയുടെ ആശ്രയത്വനെ വരുന്നു ആശ്രയത്വനെ വരുമ്പോ അത് കർമ്മമാകത്തില്ല നിങ്ങള് പറയുന്ന അനുസരിച്ചും കർമ്മമാകത്തില്ല അപ്പൊ ജ്ഞാനക്രിയക്ക് കർമ്മമേ ഇല്ലെന്നാണ് അതന്നെ ഇപ്പൊ താർക്കിയും പറയും ശ്രയമായി സ്വീകരിച്ചോണ്ട് കർമ്മവും ഇല്ല ഇതിനെ താർക്കിയും പറയും നിങ്ങള് പറയുന്നതിന് എന്താ ദോഷം അതിന് പ്രഭാകര മറുപടി പറയും എന്നുവെച്ചാ ശത്രുക്കളെ തമ്മിൽ അടിപ്പിച്ചിട്ട് നമ്മൾ മാറി രസിക്കുക അപ്പൊ ഇവര് രണ്ടും അടിച്ചടിച്ച് രണ്ടും തേർന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെ അഭിപ്രായം പറയുക അവര് തമ്മിൽ അടിച്ചോട്ടെ പ്രഥമം വല്ല ന്യായമാണ് രണ്ടുപേരും അടുപ്പിച്ചിട്ട് പ്രഥമം വല്ല ന്യായത്തിലാണോ അങ്ങനെ രണ്ടുപേരടുപ്പിച്ചിട്ട് അതിൽ ജയിക്കുന്നവരോട് മാത്രം രണ്ടും അടിച്ച് രണ്ടും പിരിഞ്ഞ് പോവും അപ്പൊ സിദ്ധാന്തം സിദ്ധാന്തമെന്ന് പറഞ്ഞാൽ മതി അതെ ഇവരടിച്ചടിച്ച് പിരിയത്തേ ഉള്ളൂ അത് ജയിക്കത്തുമില്ല നോക്കത്തുമില്ല അതാണ് സംഭവിക്കാൻ പോകുന്നത് അത് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് നൈയായിക മതം ആശങ്ക സൈവ നിഷേധത ഈ പറയുന്ന നൈയായികന്മാരുടെ മതത്തെ ഉന്നയിച്ചിട്ട് അതിനെ നിഷേധിക്കുന്നു സയവ നിഷേധിക്കുന്നു ചോദിച്ചാൽ ആര് നിഷേധിക്കുന്നു പ്രഭാകരൻ തന്നെ ആണ് പറഞ്ഞ അവര് തമ്മിലുള്ള അടിയാണ് അവര് കുറച്ചടിക്കട്ടെ ശരി അത് കുറച്ചുകൂടി ചർച്ച ചെയ്യും പൂർണ പൂർണമേ അവശിഷ്യത ഓം ശാന് ഓ ശ്രീ ഗുരു